ധ്യായം നാല് അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് കയ്യനെ പ്രസവിച്ചു യഹോവയാൽ എനിക്ക് ഒരു പുരുഷ പ്രജ ലഭിച്ചു പറഞ്ഞു പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാബേൽ ആട്ടിടയനും കയ്യീൻ കൃഷിക്കാരനുമായിത്തീർന്നു കുറെക്കാലം കഴിഞ്ഞിട്ട് കൈയിൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു കയ്യീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കയ്യീന് ഏറ്റവും കോപമുണ്ടായി അവന്റെ മുഖം വാടി എന്നാരെ യഹോവ കയിനോട് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നതും എന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതുക്കൽ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു എന്നാർ എ കൈൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്നു പറഞ്ഞു അവർ വയലിൽ ഇരിക്കുമ്പോൾ കയ്യൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു പിന്നെ യഹോവ കൈയിനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു അതിന് അവൻ അരുളി നീ എന്തു ചെയ്തു നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കൈയിൽ നിന്ന് ഏറ്റു വായി തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേലാൽ തന്റെ വീര്യം നിനക്ക് നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും കൈയിൻ യഹോവയോട് എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്നു പറഞ്ഞു യഹോവ അവനോട് അതുകൊണ്ട് ആരെങ്കിലും കയ്യനെ കൊന്നാൽ അവന് ഏഴിരട്ടി പകരം കിട്ടുമെന്ന് അരുളി ചെയ്തു കയ്യെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു അങ്ങനെ കയ്യീൻ യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് പുറപ്പെട്ട് േതന കിഴക്ക് നോത് ദേശത്ത് ചെന്ന് പാർത്തു കയ്യീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു അവനൊരു പട്ടണം പണിതു ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു ഹാനോക്കിന് ഈരാദ് ജനിച്ചു ഈരാദ് മെഹു ജനിപ്പിച്ചു മെഹു യേൽ ജനിപ്പിച്ചു മെഥുശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു ലാമേക്ക് രണ്ടു ഭാര്യമാരെ എടുത്തു ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ലാ എന്നും പേർ ആദാലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു അവന്റെ സഹോദരന് യൂബാൽ എന്നു പേർ ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായിത്തീർന്നു സില്ല തൂബൽ കൈയ്യനെ പ്രസവിച്ചു അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു തൂബൽ കയ്യന്റെ പെങ്ങൾ നയമ ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത് ആദയും സില്ലയും ആയുള്ളവരെ എന്റെ വാക്കുകേൾപ്പീൻ ലാമേക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചിവി തരുവീൻ എന്റെ പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിനു പകരം ഒരു യുവാവിനെയും കൊല്ലും കയ്യനു വേണ്ടി ഏഴ് ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമയ്ക്കു വേണ്ടി എഴുപത്തേഴ് ഇരട്ടി പകരം ചെയ്യും ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു അവൾ ഒരു മകനെ പ്രസവിച്ചു കൈയിൽ കൊന്ന ഹാബേലിനു പകരം ദൈവമെനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത് എന്ന് പേരിട്ടു ശേത്തിനും ഒരു മകൻ ജനിച്ചു അവന് യേനോസ് എന്ന് പേരിട്ടു ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി